നിങ്ങളിലാരെങ്കിലും അള്ളാഹു സുബഹാനഹുവറ്റ ആലയ്ക്കും അവൻറെ ദൂതനും പൂർണമായി കീഴ്വഴങ്ങുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൾക്ക് പ്രതിഫലം രണ്ടുമടങ്ങ് നൽകുന്നതാണ് അവൾക്കായി മാന്യമായ ഉപജീവനവും ഞങ്ങൾ ഒരുക്കിവച്ചിട്ടുണ്ട്